നിങ്ങൾ മരിച്ചുകിടക്കുകയായിരുന്നിട്ട് അള്ളാഹു സുബഹാനഹുവറ്റാല നിങ്ങളെ ജീവിപ്പിച്ചിട്ടും നിങ്ങൾ എങ്ങനെയാണ് അവനിൽ അവിശ്വസിക്കുന്നത് പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കും പിന്നീട് നിങ്ങളെ ജീവിപ്പിക്കും ഒടുവിൽ അവങ്കിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക